അള്ളാഹുസുബാനഹുഅറ്റാല പറഞ്ഞു തീർച്ചയായും ഞാനത് നിങ്ങൾക്കിറക്കിത്തരുന്നതാണ് എന്നാൽ അതിനുശേഷം നിങ്ങളിൽ ആരെങ്കിലും സത്യനിഷേധം കാണിച്ചാൽ ലോകരിലെ മറ്റാർക്കും നൽകാത്ത തരത്തിലുള്ള കഠിനമായ ശിക്ഷ ഞാൻ അവന് നൽകുന്നതാണ്